राज्ञा रचि सिन्धु समीतनाता विनिषां गामि मरितसु आनन्दनि रामिश्वरी सुहन्जलैंथे e mm -hmm. ഭഗവേ സ്വന്തൃതി कस्य कस्य ചോദ്യം മാർ സുഖം ുന്നത് ആരിലാണ് ഈ സുഖം സംഭവിക്കുന്നത് അവിടെ സ്വപ്നത്തെ കുറിച്ചു പറഞ്ഞു സ്വപ്നാണ് സ്വപ്നം കാണുന്നത് അപ്പൊ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞതിനു ശേഷം പിന്നെ അസുഖം കസ് ഏത് സുഖം എന്ന് പറയുമ്പോ അത് സുഖം അങ്ങനെയാണ് ഇവിടെ വ്യാഖ്യാനിച്ചത് കഴിഞ്ഞിട്ട് കസ്മിൻ്റെ സർവേ സംപ്രതിഷ്ഠിത സർവവും സമ്പ്രതിഷ്ഠിതമാകുന്നത് എവിടെയാണ് അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത് വ്യാപാരങ്ങളിൽ നിന്നെല്ലാം നിവൃത്തരായി ഉപരത്തന്മാരായി The the the the ോ എവിടെയാണ് സർവേ സമയം ഏകീഭൂതരായി പ്രതിഷ്ഠിതരാകുന്നത് അതിന് പറയുന്ന മധുന രസവത് അത് എങ്ങനെ ആ ഏകീഭൂതമാകുക എന്ന് പറഞ്ഞാൽ എന്താ അതെങ്ങനെ മനസ്സിലാക്കണം അതിന് ഉദാഹരണം പറഞ്ഞു മധുനീ രസവത് മധുവിൽ തേനിൽ അതിന്റെ രസം പോലെ തേനിന്റെ രസം എന്ന് പറയുന്നത് മധുരമാണ് മധുരമിരിക്കുന്നത് പോലെ ഏകീഭവിക്കാന്ന് പറഞ്ഞ തേനിൽ മധുരം ഇരിക്കുകയല്ല തേൻ തന്നെ സ്വയം മധുരമായിരിക്കണം അതുപോലെയാണ് സൃഷ്ടി സംഭവിക്കുന്നത് തേനിൽ മധുരമുണ്ടോ അത് പറയാൻ കഴിയത്തില്ല ഇത് തേൻ വേറെയാണ് ഇത് മധുരം വേറെയാണെന്ന് ആർക്കും വേർതിരിക്കാൻ കഴിയില്ല ഇപ്പൊ തേൻ തന്നെ സ്വയം മധുരമയമായിരിക്കുന്നു അങ്ങനെ അല്ലാത്തൊരു തേനില്ല അതുപോലെ സുശക്തിയിലെ ഏകീഭവനം എന്ന് പറയുന്നത് അതുപോലെയാണ് എന്നുവെച്ചാ അവിടെ ആ പുരുഷനെ നിന്ന് കസ്മിൻ എന്ന് ചോദിച്ചു ആ പുരുഷനെ നിന്ന് ഒന്നിനെയും വേർപിരിക്കാൻ കഴിയത്തില്ല ഇതാണ് ഭാഷകാരം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അപ്പോൾ ഈ സമ്പ്രതിഷ്ഠ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ധരിക്കുന്നതുപോലെ ഒന്നിനെ മറ്റൊന്നിൽ പ്രതിഷ്ഠിക്കുക അങ്ങനെയല്ല അതിന് ഈ ദൃഷ്ടാന്തം അല്ലെങ്കിൽ വേറൊരു ദൃഷ്ടാന്തം പറയുന്നത് സമുദ്രം പ്രവിഷ്ഠ നദ്യാദിവ സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തിയ നദിയെ പോലെ അവിടെ സമുദ്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് സമുദ്രമാണ് ഇത് നദിയാണ് എന്ന് വെറുതിരിക്കാൻ കഴിയില്ല മറിച്ച് നാളെല്ലാം ജലമാണ് അവിടെ സമുദ്രം എന്ന് പറഞ്ഞാലും ജലമാണ് നദി എന്ന് പറഞ്ഞാലും ജലമാണ് എന്നുപറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവേക അനർഹ വിവേചനം ചെയ്യാൻ അർഹതയില്ലാത്ത വേർതിരിക്കാൻ കഴിയാതെ അത്രമാത്രം അത് ഒന്നായി പ്രതിഷ്ഠിതാ ഭവന്തി സംഗതന്തി അർത്ഥം അപ്പോൾ എന്ന് പറഞ്ഞ അതാണ് സംഗതമായി അങ്ങനെ ഒന്നായി എന്നർത്ഥം അപ്പോൾ അതാണ് അവിടെ അസുഖം അതിനെയാണ് എന്ന് പറഞ്ഞതാണ് പ്രസന്നം നിരയാസലക്ഷണം അനാബാധം സുഖം എന്നെല്ലാം സ്ഥിരീകരിച്ചേരാം അപ്പൊ സുഷി സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അസംബന്ധ ധാരണകൾക്കും ഇവിടെ സ്ഥാനമില്ല അത് ഏകീഭവനമാണ് രണ്ടാമതൊന്നും അവശേഷിക്കാതെയുള്ള ഏകീഭവനമാണ് സൃഷ്ടിയിൽ സംഭവിക്കുന്നത് അതും സുഷുതിയിൽ എങ്ങനെ ചിന്തിക്കുമ്പോ കസ്മിൻ ആ സുഷുപ്തനായ പുരുഷനെക്കുറിച്ച് ചിന്തിക്കുമ്പോ എന്നാലേ അത് മധുവും മധുരവും പോലെ ഇരിക്കത്തുള്ളൂ അല്ല സുഷുപ്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോ ഞാൻ എന്റെ സുഷുപ്തി എന്ന് പറഞ്ഞ് സുഷൃപ്തിയെക്കുറിച്ച് ചിന്തിട്ട് എന്റെ എന്റെ ശരീരം ഉറങ്ങിക്കിടക്കുന്ന എന്റെ ശരീരം പ്രാണ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്ന ശരീരം എന്നെല്ലാം ചിന്തിച്ചാൽ അത് വേറെ ചിത്രമാണ് ആ സുഷൃത്തിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നു ഇവിടെ സുഷൃത്തി എന്ന് പറയുമ്പോൾ പുരുഷൻ എന്നെ കുറിച്ച് തന്നെ പറയുന്നു അവിടെ ആ കേവലനായ പുരുഷൻ നിന്ന് അന്യമായി ഭേദമായി ഒന്നും തന്നെ ഇല്ല അതാണ് ഇവിടെ അവിദ്യയെന്നോ മായയെന്നോ വാസനയെന്നോ സംസ്കാരമെന്നോ ഒന്നും പറയാൻ അവിടെ സുഷക്ത പുരുഷന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ യാതും തന്നെ ശേഷിക്കുന്നുണ്ട് ആ പുരുഷൻ മാത്രം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു അപ്പോ ഇനി പറയും സുഷക്തി സുശക്തിലാ വിദ്യ അതിനെ കുറിച്ചൊക്കെ ഇനി ചെറു വരും ഇവിടെ അതിനെയൊക്കെ നിഷേധിച്ചിട്ട് മധുവും മധുരവും പോലെയെന്ന് പറയുമ്പോൾ രണ്ടാമതൊന്നുമില്ല അത് തന്നെ സുഷിപ്ത പുരുഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുവന് ഏകാഗ്രമായ ജ്ഞാനം ഉണ്ടാവണം എന്തിനെ സംബന്ധിച്ച് പുരുഷനെ സംബന്ധിച്ച് അവിടെയും പുരുഷന് വേറെ പ്രകൃതി വേറെ എന്തെല്ലാം ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അത് വിവേക അർഹമായ ജ്ഞാനമായി ആ അവിടെ ഒരു പുരുഷനുമുണ്ട് ആ പുരുഷനും മറഞ്ഞിരിക്കുന്ന ഒരു അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം അങ്ങനെ ഒരു സാധനമുണ്ട് അത് മറഞ്ഞിരുന്നൊരു ആഭരണത്തെ സൃഷ്ടിക്കുന്നു അങ്ങനെ ഒരു ആഭരണത്തെ സൃഷ്ടിക്കുന്നതുകൊണ്ട് അവിടെ ഒന്നിനെ അറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് അവിടെ എത്തിയിട്ട് നിർത്താൻ അജ്ഞനായി തന്നെ ഇരിക്കുന്നു ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ തനിക്ക് ജ്ഞാനിയാകാൻ കഴിയുന്നില്ല ഇങ്ങനെയെല്ലാം വിശദീകരിക്കുന്ന ഒരു പ്രക്രിയയുണ്ട് അപ്പോ അവിടെ എന്താണ് പുരുഷനെ കുറിച്ച് മാത്രമല്ല പുരുഷൻ അവിദ്യ എന്തിനാണ് അവിടെ അവിദ്യക്കുറിച്ച് അറി ചെയ്യുന്നത് കാരണം ഈ ജാഗ്ര വ്യാപാരത്തിന് അല്ലെങ്കിൽ ഈ പ്രപഞ്ച സൃഷ്ടിക്കൊരു കാരണത്തെ കണ്ടുപിടിക്കുന്നു പുരുഷൻ പോലെ പോരാ എന്തുകൊണ്ട് പുരുഷൻ നിത്യനാണ് നിർവികാരിയാണ് നിരഞ്ജനാണ് നിർഗുണമാണ് അവിടെ പിന്നെങ്ങനെ സൃഷ്ടി സംഭവിക്കും പക്ഷെ അതല്ല സംഭവിക്കുന്ന അപ്പോൾ അതിനൊരു കാരണം വേണം ആ കാരണത്തിൽ ഒന്നാണ് ഇതുണ്ടായത് സുഷത്തയിൽ നിന്നാണ് ഈ ജാഗ്രത വന്നത് അപ്പോൾ ഈ ജാഗ്രതന് കാരണമായ ഒന്നവിടെ അജ്ഞാനം ഉണ്ടരത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കാര്യകാരണ ചിന്ത വേണ്ടി വരുന്നിടത്താണ് അതും ഒരു ചിലപ്പോൾ അതും ആവശ്യമായിട്ട് വരും അങ്ങനെ വരുന്നിടത്ത് അവിടെ ഇതുപോലെ മധുവും മധുരവും പോലെ സർവവും പുരുഷനാണെന്ന് പറയാൻ പറ്റില്ല കാരണം കാര്യകാരണ ചിന്ത എന്ന് പറയുമ്പോൾ എപ്പോഴും യുക്തി അധിഷ്ഠിതമാണ് അവിടെ യുക്തി വേണം ഒന്നിനെ കാര്യമായി അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് കാരണത്തിൽ നിന്നേ ഉണ്ടാവും ആ കാരണം എവിടെയെങ്കിലും ഉണ്ടായിരിക്കും അത് കാര്യത്തിന് അനുരൂപമായിരിക്കുകയും വേണം കാര്യം ഇതുപോലെ നാശമുള്ളതാണ് അനിത്യമാണ് അപ്പോൾ കാരണവും അതുപോലെ അനിത്യമുള്ള ഒരു കാരണവും ഉണ്ടായിരുന്നു കാര്യം ജഡമാണ് അപ്പോൾ കാരണവും അതുപോലെ ജഡമായ ഒന്നായിരുന്നു ഈ തരത്തിലുള്ള യുക്തിവിചാരം ആ യുക്തി വിചാരത്തിന് കിടക്കുമ്പോൾ അവിടെ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഒരു പുരുഷനെ സ്വീകരിച്ചാൽ പോലെ അവിടെ അവിദ്യയെ സ്വീകരിക്കണം അവദ്യയെ സ്വീകരിച്ചിട്ട് ഈ പ്രപഞ്ച സൃഷ്ടിക്കൊരു സമാധാനം കണ്ടെത്തും പിന്നെ പുരുഷനെ അന്വേഷിക്കണം അപ്പോ ഏതൊരു പുരുഷനെ ആശ്രയിച്ചിട്ടാണ് ആ വിദ്യ സ്ഥിതി ചെയ്തത് ഏതൊരു അവിദ്യയാണോ ഈ പ്രപഞ്ച സൃഷ്ടിക്കെല്ലാം കാരണമായിരിക്കുന്ന വിദ്യയുടെ ആധാരം എന്താണ് ഇത്തരത്തിൽ ചിന്തിച്ചു പോകുന്നു അതൊരു വിചാര രീതി അല്ലെങ്കിൽ പ്രക്രിയ അങ്ങനെയും ചിന്തിക്കാൻ തെറ്റൊന്നുമില്ല പക്ഷെ ഇവിടെ എന്താണോ സാക്ഷോക്ഷ ബ്രഹ്മ എന്നിങ്ങനെ ഈ തത്വത്തെ നേരിട്ട് ബോധിപ്പിക്കുമ്പോ അവിടെ മറ്റൊന്നിന്റെ ആവശ്യമില്ല ഹിന്ദി ഭാഷകാരൻ പറയും ഏത് രീതിയിൽ ഇതിനെ ബോധിക്കാൻ ശ്രമിച്ചാലും അതെന്നെ ഈ ദ്വൈതത്തിലാണ് അതെ ലൈപ്പറയുന്ന ആ വിദ്യാദി ദോഷങ്ങളെ ആശ്രയിച്ചിട്ടാണ് അത് മതി അങ്ങനെ ഗ്രഹിക്കുമ്പോഴും ഗ്രഹിക്കേണ്ട വസ്തുവിനെ അതിൻ്റെ നിത്യശുദ്ധ ബുദ്ധ മുക്ത രൂപത്തിൽ തന്നെ ഗ്രഹിക്കണം അപ്പം അവിടെ വിദ്യാകല്പനേണ്ട ആവശ്യമില്ല അതാണ് ഇങ്ങനെ പറയുന്നത് ഇതൊരു ഒരു പ്രക്രിയ പക്ഷെ ഇവിടെ യുക്തിക്കല്ല പ്രാധാന്യം യുക്തിക്ക് എന്തുകൊണ്ട് പ്രാധാന്യം കൊടുക്കുന്നില്ല കാരണം ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തെ സത്യമായി അനുഭവിക്കുന്നു അപ്പോൾ പ്രപഞ്ചത്തിൽ സത്യത്വബുദ്ധി ആ സത്യത്വബുദ്ധിയാണ് പിന്നെ പ്രപഞ്ച കാരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രേരിപ്പിക്കും അപ്പൊ അതെല്ലാം പ്രപഞ്ചത്തിലുള്ള സത്യത്വബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ് അപ്പവിടെ യുക്തി ആവശ്യമുണ്ട് പക്ഷെ ഇവിടെ ആത്മനിഷ്ഠമായ തത്വനിഷ്ഠമായ ചിന്തയില് പ്രപഞ്ചസത്യത്വ ബുദ്ധിയില്ല പ്രപഞ്ചം തന്നെ പരമാർത്ഥമല്ലെങ്കിൽ പരമാർത്ഥമല്ലാത്ത ഒന്നിന്റെ കാരണം എന്തിനാന്വേഷിക്കുന്നു അങ്ങനെ അവിടെ ചിന്തിക്കുന്നു അത് കേവലം പ്രതീതി മാത്രമാണെങ്കിൽ ആ പ്രതീതിക്കൊരു കാരണം ആ കാരണത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രതീതി എന്ന് പറഞ്ഞാൽ തന്നെ വാസ്തവത്തിൽ പിന്നെ അതിനും ഒരു വാസ്തവ കാരണം ഉണ്ടായിരിക്കുമെന്ന് കരുതി എന്തിനു ചിന്തിക്കണം അതുകൊണ്ട് അതങ്ങ് വിടുന്നു എന്നിട്ട് നേരെ അസുഷൃതിയിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നു അവിടെ സുഷൃതിക്ക് അപ്പുറം ഒരു തുല്യനില്ല ഇവിടെയും ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു അസുഷ്ടവസാനിക്കുന്നു അങ്ങനെ സംപ്രതിഷ്ഠിത അതാണ് അവസാനം എല്ലാം അവിടെ പ്രതിഷ്ഠിതമായി അവിടെ എന്താണ് ശുദ്ധമായ പ്രസന്നം നിരായാസരക്ഷണം അനാബാധം അതിനൊരു തരത്തിലുള്ള ബാധി സംഭവിക്കുന്നുണ്ട് അതിനജ്ഞാനം ബാധിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാധിക്കുന്നില്ല അങ്ങനെയുള്ള പരമാർത്ഥ തത്വബോധം ഇപ്പോൾ പരമാർത്ഥ തത്വത്തിന്റെ ശുദ്ധമായ ബോധം എന്ന് പറയുന്നതിന് കലർപ്പില്ലാത്ത ബോധം അജ്ഞാനം തുടങ്ങിയ ദോഷങ്ങളെ കൊണ്ട് കലരാത്ത ആ ബോധത്തിന് വേണ്ടി ഇവിടെ ആ സുഷുപ്തി അതുതന്നെ ആ സുപ്ത പുരുഷൻ സുഷൃപ്തിയ ഒരു അവസ്ഥയായിട്ടാണ് നമ്മൾ പറയുന്നത് പക്ഷെ സുഷുപ്തി എന്ന് പറയുന്നത് എന്താണ് അത് ആ സക്ത പുരുഷൻ തന്നെ അവിടെ വേറിട്ടൊന്നുമില്ല ജാഗ്രത എന്ന് പറയും നമ്മൾ അനുഭവിക്കുന്നൊരവസ്ഥയായിട്ട് എന്തുകൊണ്ട് ഇവിടെ കർണവ്യാപാരങ്ങളെല്ലാം ഉണ്ട് മനസ്സ് വ്യാപരിക്കുന്നു ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങൾ ആഗ്രഹിക്കുന്നു ഇതൊരു വേറിട്ട അവസ്ഥയാണ് ഇവിടെ ഒരാൾക്ക് പറയാൻ കഴിയുന്നില്ല അപ്പോൾ ഞാൻ നിത്യശുദ്ധ ബുദ്ധ സ്വഭാവനാണ് പറയാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ഞാൻ സുഖിയാണ് ദുഃഖിയാണ് പക്ഷെ ഇത്തരം വ്യവഹാരങ്ങളൊന്നുമില്ലാത്ത വ്യവഹാര ശൂജന്യമായ ആ സുഷക്തിയെ ഇവിടെ തുല്യനായിട്ട് തന്നെ അവതരിപ്പിക്കുകയാണ് അതന്നെ തുല്യൻ അപ്പൊ അതൊരവസ്ഥയല്ല എന്തുകൊണ്ട് ഒരവസ്ഥു പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വ്യവഹാരത്തിനതാസ്പദമായിരിക്കുന്നു ജാഗ്രത ഇവിടെ നാനാ വ്യവഹാരങ്ങൾ നമ്മൾ വേദാന്ത ചെയ്യുന്നു പറയുന്നു സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ ഇതെല്ലാം വ്യവഹാരങ്ങളാണ് സ്വപ്നതുപോലെ അവിടെയും വ്യവഹാരങ്ങളാണ് അങ്ങനെയാണ് യാതൊരു വ്യവഹാരത്തിനും അത് എന്ന് പറയുമ്പോൾ സുഷുപ്തി യാതൊരു സൗക്ഷുപ്ത വ്യവഹാരത്തിന് എന്തെങ്കിലും സുഷുപ്തിയിലെ വ്യവഹാരത്തിന് വിഷയമല്ല സുഷുപ്തി വ്യവഹാര വിഷയമാകുന്നപ്പോ ജാഗ്രതയിലെ വ്യവഹാരം ജാഗ്രതയിലിരുന്നുകൊണ്ട് പറയും സുഖം അഹം അസ്വാസം ഞാൻ വളരെ സുഖമായി പറഞ്ഞു അത് ജാഗ്രത വ്യവഹാരമാണ് സുഷുപ്തി വ്യവഹാരമില്ല സുഷുപ്തിൽ സർവവ്യവഹാരശൂന്യമാണ് അത് ഇത്രയും പറഞ്ഞാൽ അത് പൂർണമായ എന്താണ് അത് മധുവും മധുരവും പോലെയാണ് അവിടെ ആ സംഗതമായ സമ്പ്രതിഷ്ഠ അവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് ആ സുഷുപ്തയെ കുറിച്ചുള്ള ബോധം എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുന്നത് ശ്രോതാവിന് വിശദീകരണങ്ങളിലൂടെയൊക്കെ സംഭവിക്കുന്ന ആ സുഷുപ്ത പുരുഷനെക്കുറിച്ചുള്ള ബോധം ആ ബോധം അത് തുര്യനെക്കുറിച്ചുള്ള ബോധമാണ് എന്നാൽ പിന്നെ സുഷുപ്തൻ പിന്നെ തുര്യൻ എന്നൊന്നുകൂടെ പറയുന്ന എന്തുകൊണ്ട് കാരണം സുഷുപ്തൻ അങ്ങനെ അറിയുന്നില്ല സുഷുദ്ധന് നമ്മൾ എന്താ അറിയുന്നത് അറിവില്ലായ്മയായി ഒരു ബോധമില്ലാത്തതായി അല്ലെങ്കിൽ ഏതോ ഒരു സുഖം അനുഭവിച്ച ഒരു സ്ഥലമായി അങ്ങനെയൊക്കെ അറിയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സുഷുപ്തി എന്ന് പറയുന്നൊരവസ്ഥയാണ് ഒരു സാമാന്യ ബോധത്തിനാണ് സാമാന്യ ജീവന്മാരുടെ ബോധം അനുസരിച്ചാണ് മറിച്ച് സുഷുപ്തി എന്ന് പറയുന്നത് അത് സംപ്രതിഷ്ഠയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതൊരവസ്ഥയല്ല അത് ആ സൌഷുദ്ധമായ പുരുഷൻ തന്നെയാണ് അത് സുഷുദ്ധി എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും അതിനെ വേർപെടുത്തുന്നോണ്ട് അത് മൂന്ന് കടന്ന് നാലാമത്തേതായി ജാഗ്രത ഒരവസ്ഥ സ്വപ്ന രണ്ടാമത്തെ അവസ്ഥ മൂന്നാമത്തെ അവസ്ഥ സുഷുദ്ധി നാലാമത്തേതെന്താണ് അവസ്ഥ വിനിർമുക്തമായത് അങ്ങനെയാണ് നിങ്ങൾ തുര്യനെ കുറിച്ച് പറയുന്നതെങ്കിൽ ആ തുര്യനാണല്ലോ ഈ ജാഗ്രത്തിലും ആണ് ജാഗ്രത്തിലും ആ തുര്യൻ തന്നെയാണ് സ്വപ്നത്തിലും ആ തുല്യൻ തന്നെയാണ് സുഷൃപ്തിയിലും ആ തുല്യൻ തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ജാഗ്രത് സ്വപ്നങ്ങളിൽ നിന്നും വേറിട്ട് തുര്യൻ എന്നുള്ള ഒരു പ്രാധാന്യം സുഷുപ്ത പുരുഷൻ വരുന്ന എന്തുകൊണ്ട് അതെന്നോട് പറഞ്ഞതാണ് അവിടെ സംഗതമായിരിക്കുന്നു അവിടെ ഏകീഭവിച്ചിരിക്കുന്നു ആ ഏകീഭവനം ഇവിടെ സംഭവിക്കുന്നുണ്ട് നമുക്കിവിടെ ഇവിടെ അറിയാൻ കഴിയുന്നവരോ തത്വത്തെ വിചാരം ചെയ്യുന്നവരവിനും മനസ്സിലാക്കാൻ കഴിയുന്നു ഈ ജാഗ്രത്തിലും ആ തുര്യൻ തന്നെയാണ് സ്വപ്നത്തിലും ആ തുര്യൻ തന്നെയാണ് അത് തത്ത് വിചാരം ചെയ്യുന്ന ഒരുവന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ സുഷുയിലാണെങ്കിലോ അത് സ്വയം സംഗതമായി ഇരിക്കുന്നു അത് ശ്രവണത്തിലൂടെ മനനത്തിലൂടെ ഒരാൾക്ക് ബോധിക്കാൻ കഴിയുന്നു ഇവിടെ ഈ ജാഗ്രത അപ്പോ സുഷുതിയെ ഒരവസ്ഥ എന്നല്ലാതെ ൃത്തിയെ കേവലനായ ആ പുരുഷനായി തന്നെ അറിഞ്ഞാൽ എപ്പോ സുതിയിലറിയാൻ കഴിയത്തില്ല അവിടെ പറഞ്ഞതുപോലെ എന്താണ് എന്റെ കിഞ്ചിത് അപേക്ഷം അവിടെ ഒരു ബോധമുണ്ട് ജാഗ്രതങ്ങനെ അറിഞ്ഞാൽ അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ചെറിയ ബോധം ഇനി അവിദ്യ എന്ന് പറയുന്ന ഒരുപാധി സഹിതമായി സുഷിത്തി പുരുഷനെ അറിയുന്നു അത് നമ്മൾ പിന്നീട് തീർച്ചയായും ഇപ്പൊ ഈ പറയുന്നതാണ് ഭാഷ്യപ്രക്രിയ എന്ന് പറയുന്നത് ഭാഷ്യകാരൻ ഇതിനവതരിപ്പിക്കുന്ന ഒരു രീതി അതാണ് പക്ഷെ ഭാഷ്യത്തിന്റെ പ്രസിദ്ധരായ വ്യാഖ്യാതാക്കൾ വലിയ പണ്ഡിതന്മാരായ വ്യാഖ്യാതാക്കളും ഇവിടെയൊക്കെ ഭ്രമിച്ചു പോയിട്ടുണ്ട് അപ്പോ ഭക്ഷ്യത്തിന്റെ പ്രസിദ്ധരായ വ്യാഖ്യാതാക്കൾ ഭ്രമിച്ചു പോയി എന്ന് പറയാനെന്താ അവരെക്കാളും വലിയ വ്യാഖ്യാതാവാണോ നമ്മളെ പോലെയുള്ളവര് നമ്മൾ പറയുന്നതല്ല അത് മറ്റു വ്യാഖ്യാതാക്കൾ തന്നെ പറയുന്നു ഇത്തരം ഭാഗങ്ങളിലൊക്കെ പെശകൾ പറ്റിയിട്ടുണ്ട് മറ്റുള്ളവർ പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭാഷ പ്രക്രിയ അനുസരിച്ചിട്ടാണ് അത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ സരളമായ രീതിയിലാണ് ഇവിടെ ഇനി മറ്റു വ്യാഖ്യാതാക്കളുടെ പ്രക്രിയ അനുസരിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അവിടെ എന്താണ് അവിദ്യ അതെങ്ങനെ സ്ഥിതി ചെയ്യുന്നു അതിന്റെ ആവശ്യം എന്താണ് കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം ക്ഷിതമാകുന്നുരതാ പൃഥകേ അവതിഷന്തി സുഷുപ്തപുരുഷാണ भाव कस्मचि ये गशाया प्रशु न्यस्तकर्णव സു വ്യാപാരാത്പരധാനി ഇപ്പോ ഓരോ പണിക്കാരൻ പണി ചെയ്യുന്നു ഓരോ പണിയായുധങ്ങളെടുത്ത് പണി ചെയ്യുന്നു മൺവട്ടിയെടുത്ത് കളയ്ക്കുന്നു അരുവാളെടുത്ത് അറക്കുന്നു ഇങ്ങനെ ഓരോ പണിയും ചെയ്യുന്നു അത് ചെയ്തതിന് ശേഷം അയാൾ വിശ്രമിക്കുന്നു വിശ്രമിക്കുമ്പോ പണിയായുധങ്ങളെല്ലാം ഓരോ സ്ഥലത്ത് വയ്ക്കുന്നു സത്യ അതിന്റെ സ്ഥാനത്ത് വയ്ക്കും വാൾ അതിന്റെ സ്ഥാനത്ത് വയ്ക്കും എന്നിട്ടയാൾ സ്വസ്ഥമായി വിശ്രമിക്കുന്നു അതിന് കർണവത് സ്വവ്യാപാരാപരവ സ്വന്യോ ഓരോ ആയുധങ്ങളും വേറെ വേറെ വച്ചിട്ടാണ് അയാള് ഉറങ്ങാൻ കിടക്കുന്നത് അയാൾ പ്രവർത്തിക്കുന്നില്ല അയാൾ വിശ്രമിക്കുന്നു എന്നുള്ളത് ഈ ആയുധങ്ങളെല്ലാം കയറി ഒന്നാകുന്നെങ്ങനെ മധുവും മധുരസവും പോലെ അവിടെ മുമ്പ് ചർച്ച ചെയ്തു അവിടെ ഒരു രസം എന്നുള്ള മാത്രമല്ല പല പുഷ്പങ്ങളിലെ രസങ്ങളെ ഒന്നിച്ച് ഒരു രസമാക്കി മാറ്റി വേർതിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ പല പുഷ്പങ്ങളിൽ നിന്നാണ് തേനീച്ച രസം എടുത്തുണ്ടാക്കുകയാണെങ്കിൽ ആ ഇത് ഇന്ന പുഷ്പത്തിന്റെ രസമാണ് ഇത് ഇന്ന പുഷ്പത്തിന്റെ രസം എന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല അത് ശരിയാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല പല കർണങ്ങൾ ഉപയോഗിച്ചൊരാൾ പ്രവർത്തിച്ചിട്ട് വിശ്രമിക്കുമ്പോൾ ആ കർണങ്ങളെല്ലാം വേറിട്ട് വേറിട്ട് എണ്ണിക്കത്തുള്ളൂ എത്തിയത് യുക്തം കുതപ്രാപ്തി സുഷുപ്ത പുരുഷാണ കർണന കസ്മിഞ്ചിത് ഏകീഭാവ ഗമനാശങ്കായ പിന്നെ അത് അത് വളരെ വ്യക്തമായ കാര്യമാണ് ആയുധങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതെല്ലാം വേറെ വേറെ കിടക്കും ഉറങ്ങുന്നവരെ നാല് ചുറ്റും ചതുരെ കിടക്കും അത്രയൊക്കെ ഇവിടെ സംഭവിക്കത്തുള്ളൂ പിന്നെ അതിൽ ഇതെല്ലാം ഏകീകരിക്കുന്നോ ഇല്ലയോ അത്തരം പ്രശ്നങ്ങളൊക്കെ ഇവിടെ നിന്ന് വന്നു എന്തുകൊണ്ട് ജാഗ്രതയിൽ ഈ പുരുഷനുപയോഗിച്ചത് പലതരത്തിലുള്ള ആയുധങ്ങളാണ് ഒന്ന് ദർശനേം തിരിയും മറ്റൊന്ന് സ്പർശനയും തിരിയും വിശ്രവണേയും തിരിയും ഇത് പലതരത്തിലുള്ള ആയുധങ്ങളാണ് ഇതെല്ലാം വിട്ടറിഞ്ഞിട്ട് വിശ്രമിക്കാൻ പോകുമ്പോൾ ഇതെല്ലാം അതാ അതിന്റെ സ്ഥാനത്ത് അങ്ങനെയിരിക്കും നമ്മൾ സാധാരണ നമ്മുടെ അനുഭവം എങ്ങനെയാണല്ലോ ഉറങ്ങി കണ്ണ് കണ്ണിന്റെ സ്ഥാനത്ത് തന്നെ ഇരുന്നു പക്ഷെ ചക്ഷുരേന്ദ്രിയം അവിടെ തന്നെ ഉണ്ടായിരുന്നു കാരണം വീണ്ടും ഉണർന്നു വന്നപ്പോൾ അവിടെ നിന്നാണ് ആ ഇന്ദ്രിയത്തെ സ്വീകരിച്ചത് ചക്ഷുർ ഗുളകത്തിൽ നിന്ന് ശ്രവണേ ഇന്ദ്രിയം ഉറങ്ങാൻ പോയപ്പോൾ അത് അവിടെയാണ് ഉണ്ടായിരുന്നത് വീണ്ടും അവിടെ നിന്ന് തന്നെ അതിനെ സ്വീകരിക്കുന്നു അപ്പൊ ഇതിനെല്ലാം ഇവിടെ ഒരു ഏകീഭവനം പറയുന്നുണ്ട് അങ്ങനെ ഏകീഭവനത്തെ കുറിച്ച് ശങ്കിക്കേണ്ട ആവശ്യം കൂടിയില്ലെന്നാണ് കൃഷ്ണഹു ഏകീഭാവഗമന ആശങ്കായ അതങ്ങനെ സംഭവിക്കുമോ എന്നൊന്നും എന്തിനു ആശങ്കിക്കണം അത് സംഭവിക്കത്തില്ല എന്നർത്ഥം പറയുന്നുണ്ട് യുക്ത ആശങ്ക ആശങ്ക എന്ന് വെച്ചാൽ അത്തര ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത് തന്നെയാണ് അങ്ങനെ ഒരു ഏകീഭവനം സംഭവിക്കുന്നുണ്ടോ എങ്കിലെവിടെ ഏകീഭവിക്കുന്നു ഈ കർണങ്ങളെല്ലാം ഇവിടെ വളം കുന്തോന്നുമല്ല ഈ കർണങ്ങളാണ് ഇന്ദ്രിയങ്ങൾ ഉറക്കത്തിൽ ഇതൊക്കെ എവിടെയാ ഏകീഭവിച്ചത് എത്തസംഹത്താനി കർണാനി സൗമ്യർഥാനി പരതന്ത്രാണിച്ച ജാഗ്രത് വിഷയേ തസ്മത് സ്വാമീപി സംഭത്താന പാരതന്ത്രിനെയ കസ്മി സംഘത്തെ ന്യായീതി തസ്മാത് ആശങ്ക അനുരൂപ ദൈവ പ്രശ്നവും അവിടെയൊരു ആശങ്ക ഉണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന കർണങ്ങൾ അത് ഒരു സ്വാമിക്ക് വേണ്ടിയിട്ടാണ് ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ അതിനൊരു ഉടമയുണ്ടെന്ന് ധരിക്കണം അതുപോലെ കുറെ കർണങ്ങൾ ഒരിടത്ത് കിടക്കുന്നുണ്ട് ഇതെല്ലാം എടുത്ത് ഉപയോഗിക്കുന്ന ഒരാളുണ്ട് ഒരിടത്ത് വാളും കുന്തവും തോക്കുമൊക്കെ ഇരിക്കുന്നതാണ് അപ്പോൾ മനസ്സിലാകാൻ ഇത് ഉപയോഗിക്കുന്ന ഒരാളുണ്ട് അതുപോലെ ഈ കർണങ്ങൾ കാണുമ്പോൾ ഇവയെല്ലാം പരതന്ത്രമാണ് ജാഗ്രത്തിൽ അതങ്ങനെ തന്നെയാണ് അനുഭവപ്പെടുന്നത് ഇതെല്ലാം ഒരു ഭോക്താവിനുള്ളതാണ് എന്നറിയുന്നു അങ്ങനെയാണെങ്കിൽ സ്വപ്നത്തിലും ഇതെല്ലാം ആർക്കൊരാൾക്ക് വേണ്ടി ഉള്ളതാണ് ഇതെല്ലാം എങ്ങനെ സ്ഥിതി ചെയ്യുന്നു ഇതെല്ലാം ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നു അത് വേർട്ട് വേർട്ട് സ്ഥിതി ചെയ്യുന്നു അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാകാം അത്രത്തോ കാര്യകരണ സംഘാദോ യസ്മ്രലീന സുഷിത്വ പ്രളയാകോ തദ്വിശേഷം ബുത്സോ സക്കോനുസ്യാതിരി കസ്മിൻ സർവ്വേ സംപ്രതിഷ്ഠിതീതി ഇവിടെ സുഷുത്വിയെ കുറിച്ച് ചെയ്യുമ്പോൾ കാര്യകരണ സംഘാതവും ആ കാര്യകരണ സംഘാതങ്ങൾ എവിടെയാണ് എന്ന് പറയുന്നു ഇവിടെ തന്നെ കുറിച്ച് തന്നെ പറയണം അത്ര ഇവിടെ ഞാനാണ് ഉറങ്ങുന്നത് സുഷുതി എന്ന് പറയുന്ന അതൊരവസ്ഥയാണെങ്കിൽ അവസ്ഥയിലെത്തിച്ചേരുന്നത് ഞാനാണ് സുഷുതി എന്ന് പറയുന്ന സ്വരൂപമാണെങ്കിൽ ആ സ്വരൂപത്തിൽ സ്ഥിരനാവുന്നത് ഞാനാണ് ഈ കാര്യകരണ സംഘാതങ്ങളെല്ലാം ആ ഒരു സ്വരൂപത്തിൽ ഏകീഭവിച്ചിരിക്കുന്നു ഏകീഭവനവിടെ സംഭവിച്ചിരിക്കുന്നു യശ്നി പ്രളീനഹ അവിടെ തന്നെ അത് വിലയിച്ചിരിക്കുന്നു എപ്പോ സുഷുപ്ത പ്രളയകാലയോ പ്രളയം എന്ന് പറയുന്ന കാലത്ത് മൂർച്ഛ തുടങ്ങിയ സന്തങ്ങളിൽ സുഷുപ്തിയിൽ എല്ലാം അങ്ങനൊരു ഏകീഭവനം സംഭവിച്ചിരിക്കുന്നു അപ്പൊ ഏകീഭവനമെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മറ്റൊന്നിനോട്ട് ചേർന്നിരിക്കുന്നു എന്നല്ല വിവേചിക്കാൻ കഴിയുന്നില്ല അതാണ് ഏകീഭവനം എന്ന് പറയുന്നത് ഇത് കണ്ണാണ് ഇത് മൂക്കാണ് ഇത് ചെവിയാണെന്ന് വിവേചിക്കാൻ കഴിയുന്നില്ല വിവേചിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് തന്നെ ഏകീഭവൻ തമൈവ മണ്ടൂക്കേ പറഞ്ഞു ഇരുട്ട് കട്ടിപിടിച്ചതുപോലെ അന്ന് പറഞ്ഞാൽ അവിടെ ഇരുട്ടിൽ ഒന്നിനും വേർതിരിക്കാൻ പറ്റുന്നില്ല ആകെ അനുഭവപ്പെടുന്ന മാത്രം അവിടെ ഇരിക്കുന്ന വസ്തുക്കൾ ഇത് ഇന്ന ഇതിന്ന ജീവിയാണ് ഇത് ഇത്തരത്തിലൊന്നും വേർതിരിക്കാൻ വയ്യ അതുകൊണ്ടാ ഉദാഹരണം പറയുന്നു അതുപോലെ ഇവിടെ ഒന്നും വേർതിരിക്കാൻ വയ്യാത്ത രീതിയിൽ അപ്പോ അവിടെ കരുന്ന് അവിടെ ഏകീഭവനം സംഭവിച്ചിരിക്കുന്നു അല്ലാതൊരു ഏകീഭവനത്തെ കുറിച്ചാണ് ചിന്തെങ്കിലത് അബദ്ധമായി പോയി അങ്ങനെ നമ്മൾ പറയാണ് ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ ഈ മേസയും ഈ പൊസ്സും കൂടെ ഒന്നായിപ്പോയി ഉണർന്നു കഴിഞ്ഞപ്പോ രണ്ടും പേര് പിരിഞ്ഞു അങ്ങനെയല്ല ഏകീഭവനം എന്ന് പറയും പറയുന്നു വിവേക അനർഹ എന്നും പോയി ആ ആ സുഷുത്തിയിൽ ഇതാ ഇത് മേസേജാണ് ഇത് പുസ്തകമാണോ എനിക്ക് വിവേചിക്കാൻ കഴിയുന്നില്ല ഇപ്പൊ ലയം എന്നൊക്കെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അല്ലാതെ സുഷുതിയിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാര ധരിക്കുന്നതുപോലെ പാലിൽ പഞ്ചസാര ലയിച്ച് ചേരുന്നത് പോലെ ഒന്നിൽ മറ്റൊന്ന് ലയിച്ചു ചേർന്നത് മാത്രമാകുന്നെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറയുന്ന വെറും ഭാവന അത് യാതൊരു ആശ്രയവും ഇല്ലാത്ത വെറും ഭാവനകളാണ് അതുപോലത് ബുദ്ധിശൂന്യതയാണ് അങ്ങനെ പറയുന്നു കാരണം അങ്ങനെ ഒരു വിവേകം നമുക്കില്ല ഇത് ലയിക്കേണ്ട വസ്തുവാണ് മറ്റത് ഇത് ലയിക്കുന്ന വസ്തുവാണ് അങ്ങനെയൊരു വിവേകം പോലും നമുക്കില്ല അപ്പം പിന്നെ ലയത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്നാൽ പലയിടത്തും പറയുന്നുണ്ട് പ്രതി വിഭൂതങ്ങൾ അതിന്റെ തന്മാത്രയിൽ ലയിച്ചു അത് ആ പറയുന്നതെല്ലാം ഇതിനു വേണ്ടിയിട്ട് ഉപാസനക്ക് വേണ്ടിട്ടാണ് വസ്തുസ്ഥിതി കഥനമല്ല ഉപാസനയിലൂടെ മനസ്സ് സമാധി അവസ്ഥ വേണ്ടി പറയുകയാണ് അപ്പൊ ആ ഭാവന ദൃഢമാകുമ്പോൾ മനസ്സ് ആ വിഷയങ്ങളിൽ നിന്നെല്ലാം വേറിട്ട് ഏകാഗ്രമായി സമാധി പ്രാപിക്കും അതിനുവേണ്ടി പറയുന്നതാണ് അല്ലാതെ വസ്തുത അങ്ങനെ ഒരു വിലയം ഒന്ന് മറ്റൊന്ന് ലയിക്കുന്നു എന്നൊക്കെ കൽപ്പിക്കുന്നത് മൂഢതയാണ് അങ്ങനെയും സംഭവിക്കുന്നില്ല അതുകൊണ്ടിവിടെ അങ്ങനെ ഏകീഭവനം വിവേകമില്ലാതെ ആയിത്തീരുന്നു കേവല പുരുഷൻ മാത്രേ ശേഷിക്കൂ അതുകൊണ്ടാണ് അവിടെ ബ്രഹ്മജ്ഞാനവും ഉണ്ടാകാറുള്ളത് എവിടെ ആർക്കും സൃഷ്ടിയിൽ ബോധം ഉണ്ടാകുന്നില്ലല്ലോ അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് അങ്ങനെ ഒരു വേഗം അവിടെ ഇല്ല ഒന്നുമില്ല പിന്നെ ജാഗ്രതയിലിരുന്നുകൊണ്ട് ചിന്തിച്ചാൽ പരമാവധി മനസ്സിലാക്കാമെന്നുള്ള എന്താണോ അവിടെ പുരുഷൻ ശേഷിച്ചു അപ്പൊ ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചു അതിന് പറയുന്നു അത് വേഗ അനർഹമായി ജയിച്ചറിയാൻ കഴിയാത്തതായി പക്ഷെ അത് പറയുന്നതിന് വേണ്ടി പലയിടത്തും പറയും ഇതെല്ലാം അവിടെ പോയി ലയിച്ചു അപ്പൊ നമ്മുടെ മനസ്സിൽ ലയിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലിരിക്കുന്ന എന്താ സങ്കല്പം പാലല് പഞ്ചസാര ലയിക്കുന്നത് പോലെ ലയിച്ചു പിന്നെ പറ്റിച്ചു കഴിഞ്ഞാൽ വീണ്ടും പഞ്ചസാര വേറിട്ട് വേറെടുക്കാം അതുപോലെ പിന്നെ ജാഗ്രതയിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് പ്രകടമാകുന്നു ഇങ്ങനെയൊക്കെയുള്ള ഭാവനകളിലേക്ക് നമ്മുടെ മനസ്സ് പോകുന്നു ഒരു പരിധി വരാതൊക്കെ ശരിയാണ് ഏതുവരെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് വസ്തുതാപരമായി അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല മറിച്ച് വിവേകം നഷ്ടപ്പെടുന്നു ആണോ അത്രത്തോ കാര്യകന്ന സംഘാതോ യശ്നിച്ച പ്രളീന സുഷുപ്ത പ്രളയകാലയോഹോ തദ്വിശേഷം ബഹുത്സോഹോ അപ്പൊ ഇവിടെ ജിജ്ഞാസെന്ന് അത് വിശേഷിച്ചറിയണം സുഷുപ്തിയിലെന്താ സംഭവിക്കുന്നത് എന്താ തനിക്ക് സംഭവിച്ചത് താനൊന്നും അറിഞ്ഞില്ല അത്ര മാത്രമാണോ അങ്ങനെ താനൊന്നും അറിഞ്ഞില്ലെങ്കിൽ അവിടെ അറിയാതിരുന്ന താൻ അപ്പോ അവിടെ അറിയാതിരുന്ന താനാരാണോ അത് അങ്ങനെ ബുബുസു അറിയാൻ ആഗ്രഹിക്കുന്നു അവിടെ ഒന്നും അറിയാതിരുന്ന താൻ എന്താണ് അവിടെ ശേഷിച്ചത് എന്തുകൊണ്ട് തനിക്ക് ജാഗ്രതത്തിൽ വന്നതിന് ശേഷം ഞാനവിടെ ഒന്നും അറിയാത്തവനായിരുന്നു എന്ന് അനുസന്ധാനം ചെയ്യാൻ കഴിയുന്നു എന്നൊരു പരാമർശം തന്നിൽ വീണ്ടും സംഭവിക്കുന്ന എന്തുകൊണ്ട് അപ്പോ അവിടെ ഒന്നും അറിയാത്തവനായിരുന്ന താൻ ശൂന്യനായിരുന്നു പിന്നെ ഇത് പറയാൻ കഴിയത്തില്ല പിന്നെന്താണ് ഒന്നും അറിയാതിരുന്നവനായ ആ തന്നെ വീണ്ടും പരാമർശിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ താൻ അവിടെ ശേഷിച്ചിരുന്നു അവിടെ തനേത് രൂപത്തിൽ ശേഷിച്ചിരുന്നു ചൈതന്യൂപത്തിൽ ഈ ജാഗ്രസ്വപ്നങ്ങളുടെ ഈ വ്യാപാരശൂന്യമായി അതുകൊണ്ട് തുലീയ രൂപത്തിൽ അവിടെ ശേഷിച്ചിരുന്നു എന്ന് തദ്വിശേഷം അതാണ് അതിന്റെ വിശേഷം ബുദ്ധു സഖ്യ അതാരാ അവിടെ സ്ഥിതി ചെയ്തതെന്ന് ചോദിക്കുന്നത് ന്യായം തന്നെ എങ്ങനെയാണ് താൻ അവിടെ സ്ഥിതി ചെയ്തത് എന്നൊരു ജിജ്ഞാസുണ്ടാകുന്നത് യുക്തം തന്നെ ഭവന്തി എന്തായാലും ഒരു കാര്യം ഈ ചോദ്യം ചോദിക്കുന്ന ആളോ അല്ലെങ്കിൽ പൊറുപക്ഷിയും അംഗീകരിക്കുന്നുണ്ടെന്നാണോ സുഷും ഏകീഭവൻ അത് സംഭവിക്കുന്നത് എല്ലാവർക്കും അംഗീകാരമുള്ള ഒരു കാര്യമാണ് എന്താണ് ഏകീഭവനെന്നുള്ള കാര്യത്തിൽ അത് പ്രവ്യത്യാസം വരും ചിലവരെ അവിദ്യയിൽ ലയിച്ചതാണ് ചെറിയ അങ്ങനെയൊന്നുമില്ല കേവലം ബോധശൂന്യമായ ഒരവസ്ഥയാണ് ചിലത് പറയുമോ അതൊന്നുമല്ല അങ്ങനെ ബോധവും അതുമായിട്ടൊന്നും ബന്ധപ്പെടുത്തണ്ട അവിടെ അവന്റെ ബ്രെയിൻ പ്രവർത്തിക്കാതിരുന്നാണ് എല്ലാത്തരും സ്വപ്നങ്ങളെപ്പോലെ ആ തലത്തിൽ അതിനെ തത്വത്തിൽ നിന്നും മാറ്റി അതിനെ ശരീരത്തിന്റെ തലത്തിലേക്കും മനസ്സിന്റെ തലത്തിലേക്കും എല്ലാം കൊണ്ടുവരും അങ്ങനെയെല്ലാം കൊണ്ടുവന്ന് ചർച്ച ചെയ്യുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല കസ്മിൻ സർവേ സംപ്രതിഷ്ഠിതാ ഭവന്തി എന്നുള്ള ചോദ്യത്തിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സുഷു കേവലനായ പുരുഷന്റെ ബോധം അദ്വയനായ പുരുഷന്റെ അബോധം അതാണ് അതാണ് പരമാർത്ഥബോധം അതിന് ഈ സുഷുദ്ധി വരെ എത്തിയാൽ മതി അതിനപ്പുറം പോണ്ട അതവിടെ പ്രാധാന്യം അവിടെയൊന്നും പിന്നെ കടന്നു പോകേണ്ട കാര്യമില്ല ഇങ്ങനെയൊന്നും പോകേണ്ട കാര്യമില്ല ഭാവനാലോകത്തിലേക്ക് പോകേണ്ട കാര്യമില്ല താൻ പരമാർത്ഥ ലോകത്തിലിരിക്കുമ്പോ അത് വിട്ടിട്ടെന്തിനും ഭാവനാലോകത്തിൽ പോകണം ആർക്കെങ്കിലും പറയാൻ കഴിയുമോ സുഷുദ്ധി ഒരു പരമാർത്ഥമല്ലാന്ന് അത് പറയും അത് പരമാർത്ഥമായിരുന്നു അതിന്റെ സത്യമായ അനുഭവമായിരുന്നു എന്നെ ആർക്കും പറയാൻ കഴിയും ജാഗ്രത്തിൽ നമുക്ക് പറയാം ഓ ആ ഞാനത് കണ്ടെങ്കിൽ അതൊരു ഭ്രാന്തിയായിരുന്നു സ്വപ്നത്തിൽ തീർത്തും പറയും എന്താണ് എന്തെല്ലാം എന്തെല്ലാമാണ് അനുഭവിച്ചു എല്ലാം ഒരു ഭ്രാന്തി ഒരു സ്ഥാനത്തെ അത് പറയാൻ കഴിയാതെ എന്താണ് സൂക്ഷിതയെക്കുറിച്ച് അതൊരു ഭ്രാന്തി ആയിരുന്നു അങ്ങനെ പറയുന്നതിന് ആധാരമായി തന്റെ കയ്യിലൊന്നും തന്നെ ഇല്ല മറിച്ച് അത് സത്യമാണ് സത്യംന്ന് പറയുന്നത് എന്താണ് അബാധിതം നേരത്തെ പറഞ്ഞല്ലോ ഭക്ഷ്യകാരൻ നേരത്തെ പറഞ്ഞു പ്രസന്നം നിരായാസലക്ഷണം അനബാധം എന്ന് വെച്ചാൽ അബാധിതം അപ്പൊ തന്റെ അബാധിതമായ സ്ഥിതി എന്ന് പറയുന്നത് പരമാർത്ഥമായ സത്യമായ സ്ഥിതി എന്ന് പറയുന്നത് തനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഈ സുഹൃത്തേയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് അല്ല ഒരിടത്തും അത് സാധ്യമാണ് സമാധിത ഒരു ക്ഷയും എന്തുകൊണ്ട് സമാധിയിലിരുന്നിട്ട് വീണ്ടും ഈ ജാഗ്രതയിലേക്ക് വന്നിട്ട് പറയും സമാധി ശരിയാണ് ഞാൻ സമാഹിതനായിരുന്നു പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയി അങ്ങനെ പറയും അത് ബാധിച്ചു പോയി ഇവിടെ കോലാഹലങ്ങളെല്ലാം വന്ന് കണ്ടു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിന്റെ ആ സമാധ്യാവസ്ഥ അത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി പറയും ആ സുഷിതിയെക്കുറിച്ച് അങ്ങനെ പറയാമെന്ന് ഉണർവ് വന്നു എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു അങ്ങനെ പറയാമല്ലോ പറയാം സമാധിയെപ്പോലെ സുഷുപ്തിയെയും ഒരവസ്ഥയായി കാണുന്നവർക്ക് അത് പറയും പക്ഷെ സുഷുതിയെ വസ്തുസ്ഥിതിയായി കാണുന്നവരെ സംബന്ധിച്ച് അത് പറയാൻ പറ്റില്ല മറിച്ച് അവരെങ്ങനെയാണ് പറയുന്നത് ആ വസ്തുസ്ഥിതിയിൽ തന്നെയാണ് ഈ ജാഗ്ര സ്വപ്നങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ തുര്യനിൽ തന്നെയാണിത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതെന്താണ് അത് അനാബാധമാണ് ശ്രമൃതി എന്ന് പറയുന്ന ഒരു കേവലമായ അവസ്ഥയല്ല മാറിപ്പോകുന്നൊരവസ്ഥയല്ല അതാ പുരുഷൻ തന്നെയാണ് എന്തുകൊണ്ട് അതിനും ബാധ സംഭവിക്കുന്നില്ല തനങ്ങനെ ആയിരുന്നില്ല എന്ന് പറയാൻ കഴിയുന്നില്ല മറിച്ച് തന്നിൽ തന്നെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നു തനിപ്പോഴും ആ പുരുഷൻ തന്നെയാണ് ആ പുരുഷനിൽ തന്നെയാണ് ഇപ്പോ ഈ തരത്തിലുള്ള വ്യാപാരം സംഭവിക്കുന്നത് അവിടെ വ്യാപാര ശൂന്യമായിരുന്നു ഇവിടെ വ്യാപാര സഹിതനായിരിക്കുന്നു ഒരേ പുരുഷൻ അതുകൊണ്ട് ആ പുരുഷവിശേഷം പുരുഷന്റെ പരമാർത്ഥ സ്ഥിതിയെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ജിജ്ഞാസ്യ അവനാരാണ് അവിടെ സമ്പ്രതിഷ്ഠിതനായിരുന്നവനാരാണ് പ്രലീനായിരുന്നവൻ ആരാണ് എന്നൊരു ചോദ്യം ചോദിക്കും സമാനം തസ്മൈ സഹോ വാച യഥാഗാർഗ്യ മരീചയോർക്ക അസ്തം ഗർവാ എത്തേജോമല ഏകീഭവ പുനരുദയത് പ്രചരന്തിസം പരേ ദേ मन ईगीवतीश पुषो न शुणोती न पश्य न जघ्रति नसयते न ना स्शते नावदते नादत्ते न ना आनंदयते नसृजते न यायते स्वीतीते വിശദമായി നമ്മള് ജർച്ച് ചെയ്തതാണ് അത് മറന്നിട്ടല്ല ഇപ്പൊ വീണ്ടും ജർച്ച് ചെയ്യുന്നു പക്ഷെ കൂടുതൽ കൂടുതൽ അത് വ്യക്തമാകാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുമ്പോ മനസ്സിന് ചോദ്യം വരും എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ് എന്തുകൊണ്ട് അതങ്ങനെയായി അത് അത് തന്നെയാണ് സമ്പ്രതിഷ്ഠ അത് തന്നെയാണ് തുര്യൻ എന്നെല്ലാം പറയുമ്പോൾ എന്തുകൊണ്ടത് അങ്ങനെ പറഞ്ഞു അങ്ങനെ അല്ലാതെയും പറയുന്നുണ്ടല്ലോ പലരും മനനം ചെയ്തപ്പോൾ വിചാരം ചെയ്തുകൊണ്ടായില്ല പിന്നെയോ ആ തത്വത്തിന്റെ നിഷ്ഠ ആ തത്വത്തിന്റെ വ്യക്തത ഒരാൾക്ക് കൈവിടണം അല്ലാതെ മരണം വരെ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യൊന്നുമില്ല പഠിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ വീണ്ടും ആവർത്തിച്ച് മനം ചെയ്യുമ്പോൾ അത് വ്യക്തമായി വരുന്നു തസ്മി സഹോബ് ആചാര്യ വീണ്ടും അവനോട് ആചാര്യൻ പറഞ്ഞു നീ ചോദിച്ച ചോദ്യത്തിന്റെ സമാധാനം എന്താണെന്ന് നീ കേൾക്കുക യഥാ മരീചയോ രശ്മയോ രശ്മികൾ അർക്ക ആദിത്യന്റെ രശ്മികൾ ആദിത്യ അസ്ഥം അദർശനം കച്ചത അണയുന്ന ആദിത്യ സന്ധ്യക്ക് അപ്പോ അത് ഒന്നും വസ്തുതി സ്ഥിതി അനുസരിച്ചിട്ടാണ് നമ്മുടെ അനുഭവം അനുസരിച്ച് പറയാണ് അപ്പോൾ അങ്ങനെ ഒരു ആദിത്യൻ അണയുന്നുണ്ടോ അസ്തമിക്കുന്നുണ്ടോ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല അത് ശരിയാണ് പക്ഷെ നമുക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടല്ലോ ആ അനുഭവത്തെ എടുത്തുകൊണ്ട് ചിന്തിക്കുക ആദിത്യൻ എന്താണ് അതിന്റെ രശ്മി കുറയുന്നോ കൂടുന്നോ അതൊന്നുമല്ല നമ്മുടെ അനുഭവത്തിൽ അത് അസ്തമിക്കുന്നതായി കാണും അപ്പോൾ അവിടെ എന്തു ചെയ്യുന്നു ആ അസ്തമയ സൂര്യനാ നോക്ക് അവിടെ എന്താ സംഭവിക്കുന്നത് സർവേ അശേഷതമിൻ തേജോ മണ്ഡലേ തേജോ രാശിരൂപേകീഭവന്തി അപ്പൊ നട്ടുച്ചയ്ക്ക് അങ്ങോട്ട് നോക്കാൻ മയ്യ നോക്കിക്കഴിഞ്ഞാൽ കണ്ണ് ഇരുട്ട് അങ്ങനെയുള്ള അതേ സൂര്യൻ തന്നെ ആ സായം സന്ധ്യയിൽ ആ പ്രകാശങ്ങളെല്ലാം ആദിത്യ മണ്ഡലത്തിലേക്ക് ഏകീഭവിച്ചതുപോലെ എതിരിട്ട് നോക്കുന്നതിന് തടസ്സം നിൽക്കുന്നുണ്ടോ ഓ നട്ടുച്ചയ്ക്ക് എന്താണ് അങ്ങോട്ട് നോക്കുന്നതിന് ആ രശ്മികളെ തന്നെ തടസ്സം കാരണം അത് തീക്ഷണമായി പ്രകാശിച്ചുകൊണ്ടു വന്നു നമ്മുടെ അനുഭവത്തിൽ അങ്ങനെയാണ് അതിന്റെ ശാസ്ത്രം എന്തോ ആയിക്കോട്ടെ തീക്ഷണമായ പ്രകാശം അങ്ങോട്ട് നോക്കാൻ അനുവദിച്ചിട്ട് പക്ഷെ സന്ധ്യയ്ക്കോ അങ്ങ് കടലിലേക്ക് താഴുമ്പോ അല്ലെങ്കിൽ ഒരു മലയുടെ ചരുവിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് ആ തീഷ്ണുമായ രശ്മികളെല്ലാം അവിടെ ഏകീഭവിച്ചത് പോകുന്നു അതെവിടെ പോയി കണ്ണിന് ദുഃഖത്തെ ഉണ്ടാക്കിയ രശ്മികൾ അങ്ങോട്ടാണ് പോയത് അപ്പത് ഒന്നേ മനസ്സിലാവുന്നുള്ളൂ എന്നാണ് എല്ലാം ആ മണ്ഡലത്തിൽ ആദിത്യ മണ്ഡലത്തിൽ ഏകീഭവിച്ചു അതിലും ഇങ്ങോട്ട് പുറപ്പെട്ടു വന്നാൽ നമ്മുടെ കണ്ണിനെ ഉപദ്രവിച്ചിരിക്കുന്നില്ല അതുപോലെ ആ ഏകീഭവനത്തിനുള്ള ഉദാഹരണമാണ് ഏകീഭവനത്തിൽ എങ്ങനെ അത് കേവലം ആ മണ്ഡല സ്വരൂപം മാത്രമായിരിക്കുന്നു എന്നുള്ളത് മണ്ഡലം എന്ന് പറയുമ്പോൾ ആദിത്യകോളം അതാണ് ഏകസ്മിൻ തേജോ മണ്ഡലി തേജോ രാശിരൂപ ഏകീഭൂതി അവിടെ ഏകീഭവനം എന്ന് പറയുമ്പോഴും നേരത് പറഞ്ഞിട്ടുണ്ടോ വിനയനം എന്ന് പറഞ്ഞാലും എല്ലാം നമ്മളെങ്ങനെ മനസ്സിലാക്കണം വിവേക അനർഹത്വം അവിശേഷതാങ്കച്ചത് വിവേകാനർഹത്വമാണ് നട്ടുഴയ്ക്ക് സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്ത് സൂര്യന്റെ ചൂട് കണ്ണിനറിയാം ഓ ഇത് അപകടമാണ് കണ്ണതിനെ തിരിച്ചറിയുന്നുണ്ടാ തീക്ഷ്ണമായ അതിന്റെ പ്രകാശത്ത് അതേ സൂര്യൻ തന്നെ അതേ പ്രകാശം തന്നെ സന്ധിക്കായാലോ ആ തീക്ഷ്ണയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല വിവേക അനർഹത എന്ന് പറയുന്ന അതാണ് അപ്പോൾ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയണെന്നാണ് ആശ്മി രശ്മികളെല്ലാം സൂര്യനു വിലയിച്ചു എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല കാര്യം മനസ്സിലാക്കണം വിലയിച്ചു എന്ന് പറഞ്ഞാലും എന്റെ താല്പര്യം എന്താണ് വിവേക അനർഹമാണ് വേർതിരിക്കാൻ കഴിയും സുഷുതി സംഭവിക്കുന്നു അതാണ് വിവേക അനർഹം വിവേചിക്കാൻ കഴിയുമല്ലോ ഇതാ ഞാൻ കണ്ണുകൊണ്ട് കാണുന്നു ചെവികൊണ്ട് കേൾക്കുന്നു മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു ഈ വിവേകം അത് സംഭവിക്കുന്നില്ല അല്ലാതെ ഇതെല്ലാം കൂടെ ഒരിടത്ത് പോയി ലയിച്ചു എന്ന് പറയാൻ തക്കമുള്ള മണ്ഡന്മാരല്ല ആചാര്യന്മാർ നമ്മളങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച ആൾക്കാരെ പഠിപ്പിക്കുന്നു അത് വേറെ കാര്യം ശബ്ദം ഉപയോഗിക്കുന്നതിലല്ല അതിന്റെ പ്രാധാന്യം ശബ്ദം ഏത് നോക്കുകയും പക്ഷേ സന്ദർഭങ്ങളിൽ ആ ശബ്ദത്തിന്റെ താല്പര്യം എന്തായിരിക്കണം പറയുന്നവനും കേൾക്കുന്നവനും ഉണ്ടാവും പറയുന്നവനുണ്ടായാലേ കേൾക്കുന്നവനുണ്ടാവും പറയുന്നവനുണ്ടായില്ലെങ്കിൽ കേൾക്കുന്നവൻ തഥയും അതുകൊണ്ടവിടെ അവിശേഷതാംഗസന്ധി വിവേകമില്ലാതെ ഏകീഭവിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് അതേ സൂര്യന്റെ അതേ രശ്മികൾ ഉച്ചക്ക് കൊണ്ട് അതേ രശ്മി അതേ സൂര്യന്റെ അവിടെ അവിശേഷത ഇതാ ഇത് ഇന്നതാണ് ഇത് ഇന്നതാണ് ഇത് ശാന്തമായതാണ് എന്നിങ്ങനെ വെറുതിരിക്കാൻ കഴിയാതെ ഇത് കണ്ണാണ് മൂക്കാണ് ചെവിയാണ് ഇത് രൂപമാണ് രസമാണ് ഗന്ധമാണ് കണ്ണും മൂക്കും ചെവിയും വന്നു കഴിഞ്ഞാൽ അവിടെ വിവേകം വരും അത് പറഞ്ഞു തരും എന്താണ് ഇത് കേൾക്കുന്നത് ശബ്ദമാണ് ഇത് രൂപമാണ് ഇത് രസമാണ് ഗന്ധമാണ് അപ്പോ പരസ്പര ഇന്ദ്രിയങ്ങളിലുള്ള വിവേകമില്ല പരസ്പര ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള വിവേകമില്ല ഇനി ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള വിവേകവും ഇല്ലതാ പിന്നെ ഇന്ദ്രിയം അതിന്റെ വിഷയം ഇന്നതാണ് ഒന്നുമില്ല വിവേക ശൂന്യത എന്ന് വേണമെങ്കിൽ സുഷി നോക്കു പറയാം ശൂന്യതയെന്ന് തെറ്റൊന്നുമില്ല പക്ഷേ അത് പുരുഷന്റെ ശൂന്യതയല്ല പിന്നെ വിവേകശൂന്യത അതാണ് സൃഷ്ടയിൽ ശേഷിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് പ്രളയം എന്ന് പറയുന്നത് മരിചയ തസ്യവർ കസ്യാ പുനഃപുനരുദയതേ ഉദ്ഗത പ്രചരന്തി വികീജിയന്തി എന്നാൽ അടുത്ത ദിവസം ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷം വീണ്ടും അത് പ്രകടമാകുന്നു ഈ ഗാഠമായ നിദ്രയിൽ നിന്ന് ഏത് നിമിഷവും ജാഗ്രതയിലേക്ക് വരാം ഒരു ഇത്ര മണിക്കൂർ ഇത്ര മിനിറ്റ് എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല ഒരു വൈദ്യനും പറയാൻ പറ്റില്ല രോഗി ഏത് സമയം ഞെട്ടി ഉണരും അത് ആരുടെയും കയ്യിലല്ല അത് അത് സ്വാഭാവികമായി സഹജമായി അത് സംഭവിക്കും എങ്ങനെയാണോ ആ ഏകാന്തയിലേക്ക് പോയത് അതുപോലെ തന്നെ ആ ഏകാന്തതയെ വിട്ടിട്ട് ഈ ബഹളത്തിലേക്ക് വരുന്നു എല്ലാം വീണ്ടും ആവർത്തിക്കുന്നു സൂര്യനിൽ ആവർത്തിക്കുന്നവനെന്നാൽ ഉദ്ഗത വീണ്ടും പുനരുദയതഹ അടുത്ത ദിവസം രാവിലെ വീണ്ടും അത് ഉദിക്കുന്നു ഉദിക്കുമ്പോൾ പ്രചുരന്തി വികീജിയെ വീണ്ടും പഴയതുപോലെ ആ രശ്മികൾ ആ സൂര്യനിൽ നിന്നും പ്രകടമായി തീഷ്ണമായ രക്ഷികൾ എത്തിച്ചേർന്ന് തന്റെ കണ്ണിനെ ഉപദ്രവിക്കുന്നു അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ ജാഗ്രതത്തിലേക്ക് വരുന്നു ഓരോ വിഷയങ്ങളെയും ഗ്രഹിക്കുന്നു ആ വിഷയഗ്രഹണം കൊണ്ട് തന്നെ സുഖിയും ദുഃഖിയുമാക്കുന്നു തന്നെ ഉപദ്രവിക്കുന്നു അത് കടന്നു ഇവിടെ ആ ഏകീഭവനത്തിൽ നിന്ന് തുര്യനിൽ നിന്ന് കടന്നു വന്നു ാണ് പലർക്കും പല അഭിപ്രായങ്ങളും സ്വപ്നകാലം പറഞ്ഞാൽ ഇവിടെ സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത് സൃഷ്ടിക്കാലത്ത് ഇതെല്ലാം എവിടെ ഏകീഭവിക്കുന്നത് വിവേക അനർഹമായി തീരുന്ന ഇവിടെ എവിടെയാണോ വിവേക അർഹമായി തീരുന്നോ അവിടെ തന്നെ വിവേക അനർഹമായി തീരുന്നു അതാണ് മറുപടി ഇതെല്ലാം വിവേക വിഷയമായി തീരുന്ന ഇവിടെ ആ ഇത് കണ്ണാണ് ഇത് മൂക്കാണ് ഇത് ചെവിയാണ് എന്നുള്ള വേറുതിരുവാതാണ് വിവേകം ഇത് കണ്ണിന്റെ വിഷയമാണ് ഇത് ചെവിയുടെ വിഷയമാണ് മൂക്കിന്റെ വിഷയമാണെന്നുള്ള ആ വേറുതിരുവാതാണ് വിവേകം ഈ വിവേകം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് അത് ആത്മാവിനാണെന്ന് പറഞ്ഞാലോ അങ്ങോട്ട് പൂർണമായി ശരിയാകത്തില്ല കുറെയൊക്കെ ശരി വന്നുകൊണ്ട് ആത്മചൈതന്യം നിലനിന്ന് സർവത്രയുള്ളത് അപ്പൊ എന്ത് എവിടെ എന്ത് സംഭവിച്ചാലെല്ലാം അതെല്ലാം ആ ചൈതന്യത്തിൽ തന്നെ ആ രീതി ശരിയാണ് പക്ഷെ പൂർണ്ണമായും ശരിയല്ല എന്തുകൊണ്ട് അത് നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വരൂപമാണ് അവിടെ പിന്നെ എന്ത് വിവേകം സംഭവിക്കാം മറിച്ച് അതിന് വിവേകാനർഹം എന്നാ പിന്നെ ഈ വിവേകം എവിടെയാ മനസ്സിൽ മനസ്സാണ് വിവേകത്തെ ഉണ്ടാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ വിവേക സംഭവിച്ചവിടെ മനസ്സിൽ തന്നെ മനസ്സാണ് അതിനെ വിവേകിച്ചറിയേണ്ടത് മനസ്സാണ് പറയേണ്ടത് ആ ഇത് രൂപമാണ് ഇത് രസമാണ് ഇത് ഗന്ധമാണ് മനസ്സത് അതാണ് വിവേക അനർഹത അപ്പൊ ഇവിടെ ഏകീഭവനം എന്ന് പറഞ്ഞ വിവേക ആ വിവേക അനർഹത എവിടെ സംഭവിച്ചു മനസ്സിലാ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ പൊതുവേ പറയുന്നതാണ് എല്ലാ ആത്മാവിൽ ലയിച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രകടമായി അല്ലെങ്കിൽ പറയും എല്ലാ അവിദ്യയും ലയിച്ചു അവിടെ നിന്ന് പ്രകടമായി അവിദ്യ വേറൊരു വസ്തുവായി സ്വീകരിക്കാതെ അത് മനസ്സായി തന്നെ സ്വീകരിച്ചാൽ ഓക്കെ കുഴപ്പമൊന്നുമില്ല ആ മനസ്സ് അത് തന്നെ വിദ്യ അവിടെയാണിത് വിലയിച്ചതും അവിടെ നിന്നാണിത് പ്രകടമായതും ഇപ്പൊ പ്രകടമാകുന്നതും അല്ലാതെ ആത്മാവിലല്ല ആത്മാവിനെ വിലയിക്കാനും അത് നിത്യശുദ്ധമാണ് ശുദ്ധമായി ഒന്നിലെങ്ങനെ മറ്റൊന്ന് വിലയിക്കും ആത്മാവിനെ ഒരുവൻ നിശുദ്ധമായി നിർഗുണമായി ധരിക്കുന്നുവെങ്കിൽ അവന്റെ ആ ധാരണയിൽ വിലയത്തിന് എന്തസ്ഥാണ് അവിടെ ഒന്നിനും വിലയിക്കാൻ പറ്റത്തില്ല അവിടെ ഒന്നൊന്നും പ്രകടമാകാനും പറ്റത്തില്ല പിന്നെ ഇപ്പോ നമ്മുടെ കയ്യിൽ യാതൊരു വിവാദങ്ങൾക്കും വഴിയില്ലാതെ ശേഷിക്കുന്നതാണ് നമ്മുടെ ഈ മനസ്സ് അതിലാർക്കും തർക്കമില്ല അവിദ്യാജ്ഞാനം എന്നൊക്കെ പറഞ്ഞാലും തർക്കമുണ്ടാകും പക്ഷെ മനസ്സെന്ന് പറഞ്ഞാൽ ആർക്കും തർക്കമില്ല ആ മനസ്സിൽ വെളിപ്പെടുന്നു എന്നാൽ മനസ്സിൽ തന്നെയാണ് വെളിപ്പെടാതിരിക്കുന്നതും മനസ്സിൽ വെളിപ്പെടുന്നില്ല എന്ന മനസ്സിലൂടെ വെളിപ്പെടുന്നില്ല എന്നും പറയാം ചുഴുത്തിൽ അതാ സംഭവിക്കുന്നു ഇതൊന്നും തന്നെ മനസ്സിലൂടെ വെളിപ്പെടുന്നില്ല അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർവം വിഷയേന്ദ്രിയാതം അതില്ലെന്ന് പറയുന്നില്ല ഇന്ദ്രിയങ്ങൾ മാത്രമെന്ന് പറയുന്നില്ല വിഷയങ്ങളുമുണ്ട് കണ്ണു മാത്രമല്ല കണ്ണിന് വിഷയമായിരിക്കുന്ന രൂപമുണ്ട് ചെവി മാത്രമല്ല അതിന് വിഷയമായിരിക്കുന്ന ശബ്ദമുണ്ട് ഇങ്ങനെ എല്ലാ വിഷയവും വിഷയ ഇന്ദ്രിയാദി പരേ പ്രകൃഷ്ണേപതി പറയുന്നേക്കുമ്പോ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത് പ്രകാശസ്വരൂപനായ ദേവൻ ദ്യോതനപതി മനസ്സി മനസ്സിൽ ചക്ഷരാദിദേവാന മനസ്തന്ത്രത്വ മനസ്സെന്നെന്തുകൊണ്ട് പറഞ്ഞു ഈ ചക്ഷുരാദി ദേവതകളെല്ലാം മനസ്സിന് അധീനമാണ് പരോദേവോ മനഃഹ അതുകൊണ്ട് പരദേവൻ പരനായ ദേവൻ അത് മനസ്സാണ് മനസ്സിനേക്കാൾ വലിയൊരു ദേവനേയില്ല ആത്മ നിഷ്ഠയോടുകൂടിയ ചിന്തയിൽ ഏറ്റവും വലിയ ദേവൻ പറയുന്ന മനസ്സ് തന്നെയാണ് എല്ലാ ദേവന്മാരെയും സൃഷ്ടിക്കുന്നതും മനസ്സ് തന്നെ എല്ലാ ദേവന്മാരെയും സൃഷ്ടിച്ചിട്ട് സംഹരിക്കുന്നു ഈ മനസ്സാണ് അതുകൊണ്ട് സൃഷ്ടി സ്ഥിതി സംഹാര കർത്താവായ ഈ മനസ്സ് തന്നെയാണ് ഏറ്റവും വലിയ ദേവൻ വേറെ ഏതാ ദേവൻ അത് മനസ്സ് ഇങ്ങനെ വന്ന് ജാഗ്രതത്തിലേക്ക് വന്നു പല ദേവന്മാരെയും സൃഷ്ടിക്കുന്നു സൃഷ്ടിയിലോ അത് വിവേകശൂന്യമായിരിക്കുന്നു സുഹൃത്തിൽ ആർക്കേത് ദേവനുണ്ടായിരുന്നു സുഹൃത്തിൽ ദേവനുമില്ല അതാണ് ഇവിടെ പറയുന്നത് മനസ്സി ചക്ഷുരാദി ദേവാനാം മനസ്തന്ത്രത്വ മനസ്സിന് അധീനമാണ് ചക്ഷുരാദി ദേവന്മാര് അധിഷ്ഠാന ദേവതകൾ എന്തെല്ലാം കല്പനകളാണ് പക്ഷികാരം വരെ നിത്യശുദ്ധ ബുദ്ധമുക്തം എന്നെല്ലാം കൽപ്പിക്കുന്നത് പോലും മനസ്സിനധീനമാണ് ആ കൽപ്പനകളും അത് കൽപ്പനകളായി നിലനിർത്തനിടത്തോളം കാലം മനസ്സാണ് അതിനെ നിലനിർത്തുന്നത് സത്യം ഞാനും എന്ന് പറഞ്ഞാലും അതിനെ നിലനിർത്തുന്നതും മനസ്സിലം പരമാത്മാ ജീവാത്മാ മുക്തി എന്തേതൊക്കെ പറഞ്ഞാലും അതിനെയൊക്കെ നിലനിർത്തുന്നത് ഈ മനസ്സിലാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറയുന്നത് ബന്ധുവും മോഷവും ഒക്കെ ഒരു സങ്കല്പമാണ് എന്തുകൊണ്ടു മനസ്സല്ലെന്നെ നടത്തുന്നത് അപ്പൊ ആത്മാവ് എന്ന് പറയുന്നത് മനസ്സിന്റെ സങ്കല്പമാണോ അതും മനസ്സിന്റെ സങ്കല്പമായേനെ നമുക്ക് സുഷൃത്തി എന്ന് പറയുന്ന ഒരവസ്ഥ ഇല്ലാതിരുന്നുവെങ്കിൽ ആത്മാവ് ഒരു സങ്കല്പമായേനെ മനസ് അസ്തമിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാതിരുന്നിരുന്നെങ്കിൽ അങ്ങനെയും സംഭവിച്ചിട്ടില്ല ഒരാശങ്ക ആത്മാവ് അത് വെറും ഒരു മാനസിക സങ്കല്പം മാത്രമായി പക്ഷെ ഇവിടെ സങ്കല്പരഹിതമായ മനസ്സ് അശൂന്യമായ ഒരു സ്ഥിതി ആരും നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നതല്ല ഒരു പുസ്തകത്തിലും പറഞ്ഞു പഠിപ്പിക്കുന്നതല്ല പുസ്തകങ്ങളിലെ വിശകലനം ചെയ്യുന്നതേ ഉള്ളു സ്വാനുഭവത്തിലുണ്ട് അടുത്ത ഒരു ആഹാരാഹ പ്രതിദിനം സതിസമ്പ ആ സത്തിൽ തനേകിഭവിക്കുന്നു എങ്ങനെയാണ് മനശൂന്യനായി മനസ്സില്ലാതെ പിന്നെ ആത്മാവ് സങ്കല്പമാണ് താനൊരു സങ്കല്പമല്ല തന്റെ സങ്കല്പമാണിതെല്ലാം എന്തുകൊണ്ട് തന്റെ ഈ മനസ്സിന്റെ ജോലി അതാണ് വിവേകത്തെ ഉണ്ടാക്കുക വിവേകത്തെ ഇല്ലാതാക്കുക വിവേകം നിറമ്പ ഈ ദൃഗ്ദൃശ്യത്തെ സൃഷ്ടിക്കുക പിന്നെ അതിനെ ഇല്ലാതാക്കി വിവേകാനർഹമായിരിക്കുക പക്ഷെ താനോ താനെപ്പോഴും ഇതിനെ അതീതനായി സ്ഥിതി ചെയ്യുന്നു സ്ഥിതി ചെയ്യുന്നു അത് സ്വാനുഭവത്തിൽ തന്നെ ഉള്ളതാ ആണ് അഹരഹ സതിസമ്പത്തിന സദാ ആ സ്ഥിതിയിലാണ് ഇപ്പം തന്നെ ഇവിടെ എത്ര പേരാ സ്ഥിതിയിലാണ് പരമാർത്ഥ സ്ഥിതിയിലാണ് അതങ്ങനെയാണ് അത് ആ ബോധം വ്യക്തമായി ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം ജാഗ്രത ആ സ്ഥിതി തന്നെയാണ് വേറെ ഒരു സ്ഥിതിയില്ല സുഹൃത്ത സ്ഥിതി തന്നെയാണ് ജാഗ്രത സഹജമായിട്ടാണെങ്കിൽ അവിടെ അവിടെ എത്തിപ്പെടണം മനസ്സ് ശൂന്യമാകണം തത്വദൃഷ്ടിയിലാണെങ്കിലോ അതിന്റെ ആവശ്യമില്ല ഇവിടെ ഈ ജാഗ്രതത്തിലും ആ സുഷൃക്തി സ്ഥിതി എന്തുകൊണ്ട് അതാണ് ആ തുല്യ സ്ഥിതി എന്തുകൊണ്ടാ ബോധം ഉണ്ട് ആ ബോധമുണ്ട് അവനാ അതായിരിക്കുന്നു ആ ബോധം എന്താണ് മനസ്സിനെ ആശ്രയിച്ചുള്ള ബോധം അപ്പോൾ മനസ്സെന്ന് പറയുന്ന ആ ബോധം അതാണ് അതിന് വേണ്ടി ജാഗ്രത വരണം ശരിയാണ് സുഷൃത്തിയില്ല അവൻ സ്വരൂപസ്ഥിതനാണ് അവിടെ മനസ്സിന് കാര്യമില്ല പക്ഷെ ഈ ബോധമെല്ലാം സംഭവിക്കണമെങ്കിൽ വീണ്ടും ആ മനസ്സിനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ഈ ജാഗ്രത വരണം ഈ ജാഗ്രതല്ലെങ്കിൽ ഒരു ബോധവുമില്ല ഒരാത്മബോധവുമില്ല ജാഗ്രത ഇല്ലെങ്കിൽ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ ഇതൊന്നും പറയാൻ കഴിയില്ല തത്വം അസ്യാഹം ബ്രഹ്മ സ്മിയാതൊന്നുമില്ല ഗുരുവില്ല ശിഷ്യനില്ല പിന്നെ ബന്ധമില്ല സംസാരമില്ല എല്ലാം ഈ ഭേദമെല്ലാം സൃഷ്ടിക്കുന്നത് ജാഗ്രത് മനസ്സാണ് എല്ലാ ദേവനെയും ദേവിയും എല്ലാം സൃഷ്ടിച്ചു തന്നത് ഈ മനസ്സാണ് തൻ്റെ തന്നെ മനസ്സാണ് അന്യന്റെ മനസ്സിനെ ഉല്ലംഘിക്കുന്ന ഒരു ദേവനും ഒരു ദേവിയും ഒന്നും ഇവിടെയില്ല അതാണ് പരമാർത്ഥ സത്യം അതാണ് അതാണ് ഇവിടെ പറയുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിലും പരമാർത്ഥം നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നു നിഷേധിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് പറയുന്നു പരമാർത്ഥം സ്വത പ്രമാണമാണ് എന്തുകൊണ്ട് അത് സുഷിതസ്വരൂപനായി സ്ഥിതി ചെയ്യുന്നു അവിടെ മറ്റ് പ്രമാണങ്ങളുടെയൊന്നും ആവശ്യമില്ല അവിടെ ഗുരുവിന്റെ ആവശ്യമില്ല ശിഷ്യന്റെ ആവശ്യമില്ല ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല ഉപദേശത്തിന്റെ ആവശ്യമില്ല ഇതൊന്നും കൂടാതെ തന്നെ അത് സ്വതസ്ഥിതനാണ് ആ രീതിയിൽ തന്റെ സ്വരൂപത്തെ പരമാർത്ഥ തത്വമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ പറയുന്നത് സ്വപ്നകാല സർവം വിഷയേന്ദ്രാതം പരി പ്രകൃഷ്ഠ്യോതനപതി മനസ്സി മനസ്സിലെന്നേ പറഞ്ഞുള്ളൂ ബ്രഹ്മത്തിനോന്നും ആത്മാവിനോന്നൊന്നും പറഞ്ഞുള്ളൂ അങ്ങനെയെല്ലാം പറയുന്ന സന്ദർഭങ്ങളുണ്ട് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും മനസ്സി ചക്ഷുരാതി ദേവാനാം മനസ്തന്ത്രത്വ ഈ ചക്ഷുരാദികളൊന്നും വെറും ഭൗതിക വസ്തുക്കളെ എല്ലാം ദേവതകളാണ് ചൈതന്യവിശേഷങ്ങളാണ് അതെല്ലാം ജഗത് തന്നെ ചൈതന്യമയമായി അതുകൊണ്ട് ജഗത്തിന്റെ ഓരോ അംശവും ദേവതാമയമാണ് അങ്ങനല്ലാതെ ഒന്നുമില്ല പക്ഷേ എല്ലാം എന്താണ് മനസ്തന്ത്രമാണെന്ന് മനസ്സിലാവും തന്റെ സ്വരൂപത്തെ വിട്ട് ദേവതകളിലേക്ക് പോയാൽ അപ്പൊ മനസ്സിലാക്കണം ഇത് മനസ്സിന് അധീനമാണ് അപ്പോ എന്നറിയുമ്പോ എന്തെയും ആ മനസ്സ് മടങ്ങി തന്നിലേക്കേണ്ടി വരുന്നു എങ്ങനെയാണോ ആദിത്യ മണ്ഡലത്തിലേക്ക് സ്വയംസന്ധിയിലാ പ്രകാശങ്ങളെല്ലാം തിരിച്ച് ഏകീഭവിക്കുന്നത് വീണ്ടും ജാഗ്രതയിലെന്ന് പ്രകടമാകുന്നത് അതുപോലെ ഇതേ മനസ്സിൽ തന്നെ ബഹിർമുഖമായി ദേവനെയും ദേവിയെയൊക്കെ സൃഷ്ടിക്കുമ്പോ തത്വം നഷ്ടമാകുമ്പോൾ ആന്തരികമായി കേവല പുരുഷനായി സ്ഥിതി ചെയ്യുന്നു അതിന് സ്വാനുഭവമാണ് സുശക്തി അതുകൊണ്ട് പറയുന്നു ഈ ദേവന്മാരെല്ലാം മനസ്തന്ത്രത്വം മനസ്സിനെ അധീനമാണ് പരവദേവോ മനഃ അതുകൊണ്ട് ദേവന്മാരെ സൃഷ്ടിക്കുന്ന മനസ്സാണ് ഏറ്റവും വലിയ ദേവൻ പരോദേവനെന്ന് പറയും ചിലടത്ത് പര പരോ ദേവ എന്ന് സ്വസത്ത ആത്മാവിനേം പറയും ബ്രഹ്മത്തെയും പറയും പക്ഷെ ഇവിടെ ഈ സന്ദർഭത്തിലെ ഇത് ദേവന്മാരെ സൃഷ്ടിക്കുന്നവനായിരുന്നു എന്നാൽ ദേവന്മാരെ സൃഷ്ടിക്കുന്ന ജോലി ആത്മാവിനും കൊടുത്തൂടെയില്ല അത് അകർത്താവാണ് സൃഷ്ടിക്കാൻ കഴിയത്തില്ല അകർത്താവും അപഭോക്താവുമായിരിക്കുന്ന അതെന്തിനു സൃഷ്ടിക്കുന്ന ആരെ സൃഷ്ടിക്കും അത് ഭോക്താവല്ല അതുകൊണ്ട് അത് എന്തിനു വേണ്ടി സൃഷ്ടിക്കേണ്ട കാര്യമില്ല കർത്താവല്ല അതുകൊണ്ട് അത് ആരെയും സൃഷ്ടിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം ചെയ്യാൻ ഒരാള് വേണ്ടേ അല്ല മനസ്സാണ് ഇതാണ് അദ്വൈതം എന്ന് പറയുന്നത് മനസ്തന്ത്രത്വ പരോദേവോ മനഃ തസ്മിൻ സ്വപ്നകാല ഏകീഭവതി സ്വപ്നകാലം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് സ്വപ്നം ഒന്നും ചില അതൊക്കെ വലിയ അതുണ്ട് ഭ്രാന്തി എന്ന് പറയുന്നത് ഭ്രമം എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞിട്ട് ആർക്കും സംഭവിക്കാം നിങ്ങൾക്ക് എനിക്കും എല്ലാം സംഭവിക്കും അത് സംഭവിക്കാൻ നമ്മൾ തിരിച്ചറിയണമെന്നേയുള്ളൂ ആരും അതീതരല്ല എന്നുകൊണ്ട് ഭാഷകാരം പറയും ഇതെല്ലാം നിങ്ങൾ പറയുന്നത് അല്ല ഈ മനസ്സിന്റെ സൃഷ്ടിയാണ് ജാഗ്രത മനസ്സിന്റെ സൃഷ്ടിയാണ് അതിൽ പോരായ്മകളെല്ലാം അതുകൊണ്ട് ഇന്ന ആചാര്യം പറഞ്ഞ അതുകൊണ്ട് അതിനൊരു ഇതുമില്ല എന്നൊന്നും ആരെ കുറിച്ചും ഒന്നിനെ കുറിച്ചും ധരിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രശസ്തനായ വ്യാഖ്യാതാവിനും ഇവിടെ തെറ്റുപറ്റിയെന്നാണ് അത്ര തെറ്റീകാത്ത ഭ്രാന്തിമൂല ഇവിടുത്തെ വ്യാഖ്യാനൊന്നും ഭ്രാന്തിമൂലമാണെന്നാണ് ഇവിടെ ഒരു ഭാഗം ഞാൻ വിശദീകരിക്കുന്നത് കാരണം അങ്ങനെയുള്ള വിവാദങ്ങളിലേക്ക് പോയി നമ്മുടെ ബുദ്ധിയെ വിക്ഷിപ്തമാക്കേണ്ട ഒരു സ്ഥാനമല്ല ഇത് അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല എന്നാലും അങ്ങനെ വ്യാഖ്യാനങ്ങളെ തന്നെ അന്ധമായി ഒന്നിനും പിന്തുടരുന്ന ചില സ്ഥലത്ത് ഭ്രാന്തികൾ വരും അതിനെ നമ്മളെ തിരിച്ചറിയണം പരിഹരിക്കണം അതുകൊണ്ട് ഇവിടെ എന്താണ് മനസ്തന്ത്രത്വ മനസ്സിന് അധീനമായത് കൊണ്ട് പരുവദേവ് മനഃത്വ സ്വപ്നകാലേ സുഷൃത്തിയാണ് സ്വപ്നമൊന്നുമല്ല ഭാഷകാരം അങ്ങനെ ഉപയോഗിക്കും സുഷുതിക്ക് സ്വപ്നമെന്ന് പറയും അസാധാരണ ഇവിടെയല്ല പല സന്ദർഭങ്ങളും പ്രയോഗിച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് പെട്ടെന്ന് ഭ്രമിച്ച് സ്വപ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ഇവിടെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത് ഇവിടെ ഒരു വ്യാഖ്യാത എഴുതിയിട്ടുണ്ട് ഈ പറയുന്ന സുഷ്ടിയെ കുറിച്ചല്ല സുഷ്ടിക്കപ്പുറമുള്ളൊരു തുരിയെ കുറിച്ചാണ് പാവം മനുഷ്യനെ ഒരുപാട് പാവങ്ങളെ വഴിതെറ്റിച്ചു മനഃപൂർവ്വമൊന്നുമില്ല ഒരു ചെറിയൊരു ഭ്രാന്തി പറ്റിപ്പോയി രജ്ജി സർപ്പം രജിസർപ്പത്തെ കണ്ട് ആശാ നിലവിളിച്ചു കഴിഞ്ഞാൽ പുറകെ വരുന്ന ശിഷ്യന്മാരും എല്ലാം നിലവിളിക്കുന്നു ഒരാൾ നിലവിളിച്ചാൽ മതി ഭയന്നിട്ട് ആരെങ്കിലും ഒരാൾ നിലവിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഭയത്തിന്റെ കാരണമെന്ന് അന്വേഷിച്ചിട്ടല്ല ബാക്കിയുള്ളവര് നിലവിളിക്കാൻ പോകുന്നു അവൻ നിലവിളിച്ച് ഞാനും നിലവിളിക്കുന്നു കൂട്ടക്കരച്ചിലാവും അങ്ങനെയുള്ള അബദ്ധങ്ങൾ ഇവിടെ പറ്റിയിട്ടുണ്ട് സുഷു അവിടെ ഏകീഭവതി മണ്ഡലിയ വിശേഷതാങ്കച്ചതി മണ്ഡലത്തിൽ മരിച്ച പോലെ ഏകീഭവിക്കുന്നു വിവേക ശൂന്യമായി തീരുന്നു വിവേകമില്ലാതിരിക്കുന്നു എന്നർത്ഥം എന്നിട്ടോ ജി ജാഗരീഷോസ്തങ്ങോട്ട് ഉണരാൻ തുടങ്ങുമ്പോൾ ജി ജാഗരിഷു എന്ന് വെച്ചാൽ ഉണരാൻ ആഗ്രഹിക്കുന്നവൻ ഈ മനസ്സാകുന്ന ദേവൻ ഉള്ളിലിരുന്ന് ഉണരാൻ ആഗ്രഹം മനസ്സല്ലേ ഉണരുന്നത് നിർവികാരിയായിരിക്കുന്ന ആത്മാവിനോട് ഉറക്കമോ ഉണർവോ എന്തെങ്കിലും ഉള്ള അവനാണ് ജി ജാഗരിഷു ആയിരിക്കുന്നത് സന്നദ്ധ അവൻ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു അല്ല ഉണരാൻ റങ്ങാൻ ആഗ്രഹിച്ചിപ്പോ ഉണരാൻ ആഗ്രഹിക്കുമ്പോൾ രശ്മി മണ്ഡല മനസ്സ് മണ്ഡലത്തിൽ നിന്ന് രശ്മികളെപ്പോലെ ആദിത്യ മണ്ഡലത്തിൽ നിന്ന് രശ്മികളെപ്പോലെ മനസ് ഏവ പ്രചരതി ആ മനസ്സിൽ നിന്ന് തന്നെ പ്രചരിക്കുന്നു അതായത് തത്വം എന്ന് പറയുന്നത് ഒരിടത്തും അവസാനിക്കുന്നില്ല തത്വത്തെ വിശീകരിക്കുന്ന എവിടെയും അത് കാണും അതിന്റെ പൂർണ്ണരൂപത്തിൽ തന്നെ പക്ഷെ പലയിടത്തും നമുക്കതിനെ കണ്ടെത്താൻ കഴിയില്ല നമ്മുടെ പോരായ്മയാണ് നമ്മുടെ മനസ്സിന്റെ തന്നെ പോരായ്മയാണ് തത്വത്തിനൊരു പോരായ്മയില്ല അപ്പൊ അത് പക്ഷികാരെ ശ്രമിക്കുന്ന എന്താണ് അതിനെ ശുദ്ധമായ രൂപത്തിലൊന്നു പറയണം അതിനെ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് മറ്റു പലരും ചെയ്യുന്ന എന്താണ് അതിന്റെ പ്രാകൃതമായ രൂപങ്ങളെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു അതാണ് ആശയക്കുഴപ്പങ്ങളെ ഉണ്ടാകുന്നത് ശുദ്ധമായ രൂപത്തെ വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സും പ്രസന്നമായിരിക്കും നിരായാസം പ്രസന്നം എന്ന് പറഞ്ഞപ്പോ അവിടെ സംശയങ്ങളൊന്നും ശേഷിക്കത്തില്ല അതിന് ഉദാഹരണം പറയണേ രശ്മി മണ്ഡല ആ മണ്ഡലത്തിൽ നിന്ന് എങ്ങനെയാണോ രശ്മികൾ പ്രകടമാകുന്നത് അതുപോലെ മനസ്സൈവ പ്രചരി മനസ്സിൽ നിന്ന് തന്നെ ചുറ്റുപാടും വ്യാപിക്കുന്നു ഇതെല്ലാം മനസ്സിന്റെ കളിയാണ് എന്നർത്ഥം സ്വവ്യാപാരായ പ്രതിഷ്ഠതെ എല്ലാം അവനവന്റെ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്നു എങ്ങനെയാണോ എല്ലാവരും രാത്രി എല്ലാ ജീവന്മാരും രാത്രി ഉറങ്ങിക്കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഓരോരുത്തരും അവരവരുടെ ജോലി ഒരാൾ മുറ്റം തൂക്കാൻ പോകുന്നു ഒരാൾ അടുക്കള പണിക്ക് പോകുന്നു പലതരത്തിലുള്ള പണിക്ക് പോകുന്നു അതുപോലെ ഇവയെല്ലാം ഈ മനസ്സെന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് മനസ്സ് തന്നെ ഒരു സ്ഥാനമെന്നല്ല ഇന്ദ്രിയങ്ങളെല്ലാം പ്രകടമായി ആദ്യത്തിന് നിന്ന് പ്രകാശരശ്മികൾ പ്രകടമായതുപോലെ അവരവരുടെ പണിക്ക് പോകുന്നു അതാണ് ജാഗ്രത് എന്നാണ് ൧ ൧ ൧